എല്ലാവർക്കും എൻ്റെ പ്രണം ഏഴാം അധ്യായത്തിൽ ഇരുപത്തി നാല് മുതലുള്ള ശ്ലോകങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാറുള്ളത് ആദ്യം ഇരുപത്തിനാലാമത്തെ ശ്ലോകം അവ്യക്തം വ്യക്തിമാപന്നം മന്യന് അബുദ്ധയോ പരം ഭാവമജാനന്തോ മമ മം നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന നാലോ അഞ്ചോ ശ്ലോകങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാ സംശയങ്ങളും തുറന്നു കിട്ടും ഇരുപത്തിനാലാമത്തെ പദ്യത്തിൽ തന്നെ ഭഗവാൻ പറയുന്നു അവ്യക്തം വ്യക്തിമാപന്നം ശരര് എന്നെ കരുതുന്നത് ബ്രഹ്മം ബ്രഹ്മാനുഭവം അത് അത്ര വലിയ സംശയം തീരത്തൊക്കെ വണ്ണം ഉള്ള അനുഭവമൊന്നുമല്ല അനുഭവിക്കാത്ത ആളുകളാണ് അതൊരു പോക പോലെയൊക്കെ ചിലർ അങ്ങനെയൊക്കെ അനുഭവിക്കുകയായി എന്തൊക്കെയോ ഒരു പോക പോലെ അനുഭവിക്കുക അത്രേ ഉള്ളൂ അവ്യക്തം അവ്യക്തമാണ് ഒന്നും ഒന്നും പിടികിട്ടില്ല വ്യക്തിമാപന്നം അപ്പോൾ ഈശൂന്യം പോലെ ഈ ആകാശം പോലെ ശൂന്യമായ ഒന്നു കാണാനില്ലല്ലോ അതാണ് പര ബ്രഹ്മം ബ്രഹ്മം പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ പരമാത്മാവ് അതുകൊണ്ട് അതിനുവേണ്ടി അത്ര ക്ലേശിച്ചിട്ടൊന്നും കാര്യമില്ല മന്യന് മാം അബുദ്ധയ ഭഗവാന് എത്ര പറഞ്ഞിട്ടും മനുഷ്യ മനസ്സ് ഇങ്ങോട്ട് തിരിയാത്തതിൽ അല്പ കുണ്ഠികവും കാണുമേ ഏ ഭഗവാന കുണ്ടിലൊക്കെ വരാമോച്ചാൽ അതൊക്കെ വരാം ഗീതയൊക്കെ ഉപദേശിക്കുമ്പോൾ അതൊക്കെ വരാം അപ്പോൾ അബുദ്ധയ ബുദ്ധിയുടെ കണിക പോലും ഉണ്ട് അബുദ്ധയ ഇന്നലെ നമ്മൾ പറഞ്ഞു അൽപമേധ സഹ അല്പബുദ്ധിയാണ് ഇതിനേക്കാൾ സ്വല്പം കൂടെ കടുപ്പിച്ചു പറയുന്നതാണ് മൂഢ മൂഢൻ എന്താ ഇത് ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ഗീത ഗീത കൊണ്ട് ഒക്കെ കാണാതെ അറിയാം ഇനിയിപ്പോൾ എന്താ വേണ്ടത് അവ്യക്തവും വ്യക്തിമാവന്നം മന്യത്തെ മാം അബുദ്ധയ അർജുന എന്നെ അശേഷം ചിന്തിക്കാൻ കഴിവില്ലാത്ത മഠന്മാർ ഒരവ്യക്തം ആയിട്ട് കരുതി അവിടുന്നാണിതൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നു അബുദ്ധികൾ എങ്ങനെയുള്ളവർ പരംഭാവം അജാനന്തവും മമ അവ്യയം അനുത്തമം എന്റെ ആ പരമകാരണസ്വരൂപം ഇവരറിയുന്നില്ല അവിവയം അനുത്തമം ഒരിക്കലും ഒരു മാറ്റവും വരാത്ത അങ്ങേറ്റം ശ്രേഷ്ഠമായ ച സൂര്യതുല്യം അനുഭവിക്കാവുന്ന നമ്മളിപ്പോൾ ഈ ശരീരം ആണ് ഞാനെന്നനുഭവിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് വ്യക്തമായി ഞാൻ അഖണ്ഡബോധമാണ് എന്നനുഭവിക്കാൻ കഴിയും ഭഗവാൻ ഈ ശ്ലോകങ്ങളിലൊക്കെ തന്നെ പറയുന്നു ദ്വന്ദ്മോഹം ഉപേക്ഷിക്കുക ഫലതുക എന്ന ചിന്ത ഉപേക്ഷിക്കുക രാഗദ്വേഷങ്ങൾ വെടിയുക ഭേദചിന്തയും രാഗദ്വേഷവും ഇത് വെടിഞ്ഞാൽ നമ്മളെ ഓരോരുത്തരും ഈ സൂര്യതുല്യം തെളിയുന്ന തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരുന്ന അനന്തമായി തെളിഞ്ഞുവരുന്ന ആ ബ്രഹ്മമാണെന്ന് അനുഭവിക്കാറാവും നമ്മളൊക്കെ യം അനുത്തമം പരംഭാവം അജാനന്ദോ എൻ്റെ വാക്കിൻ്റെ അർത്ഥമൊക്കെ പുസ്തകമൊക്കെ നോക്കി മനസ്സിലാക്കിക്കൊള്ളുക അതിനുവേണ്ടി നമ്മൾ കൂടുതൽ സമയം കളഞ്ഞിട്ട് ആവശ്യമുള്ള പരംഭാവം അജാനന്ദോ എൻ്റെ ആ പരമഭാവം ഇവരറിയുന്നില്ല എങ്ങനെയുള്ള ഭാവം അവ്യയം അനുത്തമം ഒരു കുറവും വരാത്തതും അനുത്തമം അങ്ങേറ്റം ശ്രേഷ്ഠമായിട്ടുള്ളതും ീ പദങ്ങൾ ആരോടെങ്കിലും ചോദിച്ചോ അല്ലെങ്കിൽ എങ്ങനെയോ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക സകല സംശയവും തീർക്കട്ടു ബ്രഹ്മസ്വരൂപം അവ്യയമാണ് ഒരു കുറവും വരാത്തതാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അത് ജനിക്കുന്നതല്ല അജം അതാണ് അജം അജം അവ്യയം എന്ന് കൂടെ കൂടെ ഭഗവാൻ പറയാറുണ്ട് അജം ജനിക്കാത്തത് ജനിക്കാത്തതാണെങ്കിൽ മരിക്കില്ല ജനിച്ചതിനെ മരിക്കാനൊക്കെ ജനനവും മരണവും ഇല്ലെങ്കിൽ അതിനിളയ്ക്കുള്ള യാതൊരു വികാരവും സാധ്യമല്ല അനക്കമില്ല ചലിച്ചാൽ അതിൻ്റെ അർത്ഥം ജനിക്കുന്നു മരിക്കുന്നു എന്നാണ് നിശ്ചലം ഇനി ഒരുപാട് വിശേഷണങ്ങൾ ബ്രഹ്മത്തിനുണ്ട് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം വായിച്ചു നോക്കിയാലും രാമൻ എന്ന് പറയും നടത്തി വിശേഷണമൊക്കെ എഴുത്തച്ഛൻ ചേർക്കും ഇവിടെയൊക്കെ അജ്ഞൻ അമരൻ നിർവികേരം ഈ മൂന്ന് വിശേഷണവും തൽക്കാലവും ഓർമ്മിക്കുക എനിക്കത്തത് ഒരു മാറ്റവും വരാത്തത് ഇങ്ങനെ ഒരു വസ്തുവിൽ ഒരു ചലനം പോലും സാധ്യമല്ല പിന്നെയാണോ ആ വസ്തു അവതരിക്കുന്നത് ഒരു ഒരമ്മയുടെ ഗർഭത്തെ ചെന്ന് പറ്റൊരു കുഞ്ഞായി ജനി നേരെ പോക്കാണോ ഈ എത്ര ഭഗവാൻ ആവർത്തിച്ചു പറയുന്നു അജൻ അഭ്യയം രണ്ടാം അധ്യായത്തിൽ എത്ര ഇടത്ത് നജായത്തെ മൃഗത്തെവാ കിട എന്നാലും ഭഗവാൻ ദേവിയുടെ പുത്രമായി ജനിച്ചു എന്ന് പറഞ്ഞാൽ എന്നെയാണ് ആ ഭഗവാനാണ് പറയുന്നത് നജായതേ മൃഗത്തെവാ കഥാചി ഒരിക്കലും ജനിക്കുന്നില്ല മരിക്കുന്നില്ല ന ഭവിത ഇതിനു മുമ്പ് ജനിച്ചിട്ടില്ല ി ഒരിക്കലും ജനിക്കുകയുമില്ല ഇതൊക്കെ ആവർത്തിച്ചാർത്തിച്ച് ഗീതയിൽ എത്ര പറയുന്നു എന്നിട്ടും ഭഗവാന്റെ അവതാരത്തിൽ വിശ്വസിച്ചുകൂടെ സാർ വിശ്വസിക്കാം ഒരു വിരോധമില്ല വിശ്വസിച്ചോളൂ പക്ഷെ ഈ സത്യം ഒഴിച്ച് ബാക്കി പറയുന്നത് എല്ലാം ഭ്രമം ഇതാര് പറയുന്നു കൃഷ്ണൻ ബുദ്ധകരോട് ഭാഗവതത്തിലെ അധസ്തി പറയുന്നു മനസ് കൊണ്ട് ചിന്തിച്ചാൽ കള്ളം വാക്കുകൊണ്ട് പറഞ്ഞാൽ കള്ളം വാ ചോടിത്തത് അനർഥം വാക്കുകൊണ്ട് പറഞ്ഞാൽ കള്ളം എന്നുവെച്ചാൽ ഇത് നിശ്ചലമായ അനന്തഹനമായ അവരുടെ വാക്ക് ഒന്നും വരാനൊക്കില്ല പിന്നെ വാക്ക് വന്നത് പറയുന്നത് തോന്നൽ മരുഭൂമിയിൽ വെള്ളം കളന്നതുപോലുള്ള തോന്നൽ സാറങ്ങനെയാണെങ്കിൽ ഞാൻ ജനിക്കുന്നു അവതരിക്കുന്നു എന്നൊക്കെ പ്രമ തലത്തിൽ നിൽക്കുന്നവരെ പതുക്കെ പതുക്കെ ആ സത്യത്തോട് പിടിച്ചടുപ്പിക്കാനുള്ള വെറും ഉപായങ്ങൾ ശുഖനൊടുവിൽ പരീക്ഷത്തിനോട് പറയുന്നവരും ഞാൻ ഈ പറഞ്ഞ കഥകളൊക്കെ കള്ളം പിന്നെ എന്തിനു പറഞ്ഞു നിന്നിൽ വൈരാഗ്യവും സത്യബോധവും ഉണർത്താൻ എത്ര പറഞ്ഞാലും ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാലും കേൾക്കില്ല വിശ്വസിക്കില്ലെന്ന് വെച്ചാൽ ചെയ്യാൻ എന്നാൽ കുറേ കഥകളൂടെ കേട്ടോ വേറെ എന്താ ഇടയ്ക്കിടയ്ക്ക് വെള്ളൂ പറഞ്ഞോണ്ടിരിക്കണ്ടേ വീണ്ടും ആവർത്തിക്കും ഒന്നേ ഉള്ളൂ ഈ ഗീതയിൽ തന്നെ എത്രയിടത്ത് ഇപ്പം നമ്മൾ ഈ ഏഴാം ഉച്ചയായത്തിൽ എത്രയിടത്ത് ഭഗവാൻ ജ്ഞാനം ഞാനേ ഞാനി എൻ്റെ ആത്മാവ് തന്നെ എന്നൊക്കെ പറഞ്ഞില്ലേ പക്ഷേ നമുക്ക് വീണ്ടും വീണ്ടും എങ്കിലും അങ്ങനെയല്ലേ സാർ എന്നത് സംശയം വന്നാൽ ഭഗവാൻ എന്തു ചെയ്യും അതുകൊണ്ടാണ് അബുദ്ധയ പരംഭാവാനന്തോ മഹ അവ്യയം അനുത്തമം ഈ പരംഭാവം അവർക്ക് അറിയാൻ പറ്റുന്നില്ല ഞാൻ അതെന്താ ഭഗവാനെ അറിയാൻ പറ്റാത്തത് എടോ നാഹം പ്രകാശ സർവശ ഇരുപത്തിയഞ്ചാം ശ്ലോകം ഞാൻ എല്ലാവർക്കും അങ്ങോട്ട് പ്രകാശിക്കുന്നില്ല എന്താ കാര്യം യോഗമായാസമാവൃത്ത മായ എന്നെ മൂടിക്കളഞ്ഞിരിക്കുന്നു യോഗം എന്ന് വെച്ചാൽ സൃഷ്ടി പ്രളയം താങ്ക യോഗമിതി മന്യന്റെ പ്രഭവാപ്യയവും രണ്ടുണ്ടെങ്കിലേ യോഗമുള്ളൂ എവിടെയാ രണ്ടുണ്ടാവുന്നത് രണ്ടുണ്ടെന്നുള്ള തോന്നൽ അതാണ് സൃഷ്ടിയും പ്രളയവും അപ്പൊ ഈ സൃഷ്ടിക്കും പ്രളയത്തിനും ആയി സംഭവിക്കുന്ന മായ എന്ന മറയ്ക്കുന്നു ആ ശ്ലോകം ഓർമ്മിക്കുക മഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത്ത യോഗമായ സമാവൃത എന്നെ മറക്കുന്നു ഓ അപ്പം ഭഗവാനെ ഈ മായ മറയ്ക്കുമോ ഇവിടെ മുതൽ ശ്രദ്ധിക്കണം ഭഗവാനൊരു മറവുമില്ല പിന്നെ ഇതാ വലുത് കാണുന്നവരോട് എന്താ ഇത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് മറിഞ്ഞിരിക്കുന്നു ആരാ മറച്ചത് സൃഷ്ടി ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അതിനായിട്ടുള്ള മായ ല്ലാതെ എന്നിൽ സൃഷ്ടി വിവരിക്കാനേ സാധ്യമല്ല യഥാർത്ഥത്തിൽ ഒരു സൃഷ്ടിയും നടക്കുന്നില്ല വേദാന്തത്തിൻ്റെ അന്തിമമായ സിദ്ധാന്തം ഇവിടെ സൃഷ്ടിയില്ല സ്ഥിതിയില്ല മോക്ഷമില്ല ബന്ധമില്ല ഒന്നുമില്ല ഒരു വസ്തു മാത്രം ഒന്നുമില്ലെന്ന് വെച്ചാൽ ഒരു വസ്തു മാത്രം അതിൽ മറ്റൊന്നും സംഭവിക്കാൻ വയ്യ അന്ന് ഇത് പലതും ഉണ്ടെന്ന് ചോദിക്കുന്നവരാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കയറിനെ കണ്ടിട്ട് സർപ്പമുണ്ടെന്ന് തോന്നുന്നു ആ കയറിനെ കണ്ടിട്ട് വരുന്ന ഒരാൾ പറയുകയാണെങ്കിൽ അവിടെ സർപ്പമൊന്നുമില്ല കയറാണുള്ളത് പിന്നെ ഞാൻ കാണുന്നതോ സർപ്പത്തെ എന്താ ഞാൻ കയറ് കാണാത്തത് ആ കയറിന്റെ ശക്തി മറച്ചിരിക്കുകയാണ് കയറിനെ വേറെ എന്തു പറയും കയറിനവിടെ മറക്കത്തക്ക ശക്തിയുണ്ടോ ഒന്നുമില്ല ശക്തിയുമില്ല ശക്തനുമില്ല ശക്തനുണ്ട് ശക്തി ഉണ്ടെങ്കിൽ ശക്തനുണ്ടെന്ന് പറയാം ശക്തി ഇല്ലെങ്കിൽ പിന്നെ ഏത് ശക്തൻ ഒരു വസ്തുവേ ഉള്ളൂ ഇത് മനസ്സിലാക്കുക ആവർത്തിച്ചു പറയുന്നു വാസുദേവ സർവം ഒറ്റ വസ്തുവേ ഉള്ളെങ്കിൽ പിന്നെ ഏത് ശക്തി പിന്നെ ഏത് സൃഷ്ടി അത് ഞങ്ങൾ സൃഷ്ടി കാണുന്നുണ്ടല്ലോ ഓഹോ ഒന്നേ ഉള്ളൂ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഒന്നേ ഉള്ളൂ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഇപ്പൊ വെക്കുന്നില്ല ആ എങ്കിൽ മടയാ ഞാൻ ആ സത്യത്തെ കണ്ടിട്ട് വരികയാണ് അവിടെ ഒന്നുമില്ല സത്യമല്ലാതെ മറ്റൊന്നുമില്ല നിനക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മായ മറക്കുന്നു മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ശക്തി ഇല്ലാത്ത ബ്രഹ്മശക്തി മറക്കുന്നു അല്ല ഇതൊക്കെ ഓർമ്മിച്ചോളുക എന്തിനാ ഒന്നേ ഉള്ളൂ എന്നുള്ളത് ഉറപ്പിക്കാറുണ്ട് മായ ഉണ്ടെന്ന് വെച്ചോളുക ഈശ്വരനുണ്ട് മായ ഈശ്വരനാണ് പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുന്നത് എന്നൊക്കെ കരുതിക്കൊള്ളൂ അത്രയേ ഉള്ളൂ വേറെ മാർഗമില്ല വേറെ ഒരു മാർഗവുമില്ല അപ്പോൾ ഭഗവാന് മായ മറച്ചു അതുകൊണ്ടാണ് നീ പലതു കാണുന്നത് എന്നൊക്കെ നമ്മപ്പറഞ്ഞ് മനസ്സിലാക്കാനല്ല ഭഗവാനെന്തുമായ ഭഗവാനും മായ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം അതിനേക്കാൾ കഷ്ട ഭഗവാൻ എന്തുമായ അർജുന നാഹപ്രകാശ സർവശ എല്ലാവർക്കും എന്നെ പിടികിട്ടുന്നില്ല എന്താ യോഗമായ സമാവൃത്ത സൃഷ്ടിയുണ്ട് പ്രളയമുണ്ട് എന്ന് കരുതുന്നവരെ ആണ് യോഗമായ മൂടിക്കളഞ്ഞിരിക്കുന്നു അങ്ങനെയാണോ ഭവാനെ എന്നിട്ടതാ ഭഗവാൻ എന്ത് പറയുന്നു എന്ത് ചെയ്യാൻ അർജുന മൂഥോയംഭിജാനാത്തി എത്ര പറഞ്ഞാലും ഞാനേ ഉള്ളു നേഹനാസ് ഇവിടെ ലേശം പോലും പലതില്ല ീശാസ്യമിതൻ സർവം കിഞ്ച ജഗത്യാ ജഗത് നിങ്ങളിവിടെ പലതുണ്ടെന്ന് പറഞ്ഞാൽ എന്തെന്തൊക്കെ എന്നുണ്ടോ അത് മുഴുവൻ ഈശ്വരൻ മാത്രമാണ് ഒക്കെ പറഞ്ഞാലും ഉടനെ എങ്കിലും സാർ അവിടെ അവതരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ പറഞ്ഞിരിക്കുന്നു വേറെ എന്ത് പറയാ പലതുണ്ട് കൃഷ്ണനുണ്ട് രാമനുണ്ട് ഗോവിന്ദനുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അവതരിച്ചതാ എന്നല്ല അതെന്താ പറയുക അപ്പോൾ യോഗമായാസമാവൃത്ത മൂഢോന്നാഭിജനാദി ഭഗവാൻ ഇതൊക്കെ പറയും ഈ വാക്കൊക്കെ കേട്ടാലെങ്കിലും ഒന്ന് ചിന്തിക്കാൻ തുടങ്ങട്ടെ നല്ല വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും ഈ ഗീതയുമൊക്കെ എടുത്തു വെച്ചൊന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല ഗീത വ്യാഖ്യാനങ്ങളിലും ഒക്കെ പലതിനും അതിനുള്ള മാർഗം തുറന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ശിവാനന്ദ ഭാഷ്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു ചെയ്ത് നല്ലവണ്ണം ഞാൻ മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഓരോ ശ്ലോകത്തിനും ശിവാനന്ദത്തിൽ ഭാഷ്യം രചിച്ചിരിക്കുന്നത് മൂഢോയം നാഭിജാനാതിലോകോ മാം അജം അവ്യയം ഈ രണ്ട് പദവും നോക്കുക ഞാൻ അജനാണ് ജനിക്കാത്തവനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കാത്തവനാണ് ആ വാക്കിൽ ഇതെല്ലാം അളങ്ങും ഞാൻ ജനിക്കാത്തവനാണ് മരിക്കാത്തവനാണ് ഒരു നിർവികാരം അജം അമരം നിർവികാരം ഈ മൂന്ന് വാക്കുകളും ഓർമ്മിക്കുക ഇനി ആ വസ്തുവിൽ എന്ത് സംഭവിക്കാനാണ് അനക്കമില്ല അതാണ് കർമ്മം ഇല്ലാത്തതാണ് വേദാന്തത്തിൻ്റെ പെരുമ്പറഘളമാണ് ഈ കർമ്മം ചലനം ഈ നർജിയുടെ രൂപത്തിൽ ചലിക്കുന്നില്ലേ അതാണ് കർമ്മത്തിൻ്റെ തുടക്കം അതില്ലേയില്ല പിന്നെ തോന്നുന്നതോ മരുഭൂമിയിൽ വെള്ളം കാണും പോലെ ഉണ്ടെന്ന് കരുതുന്നവർക്ക് തോന്നുന്നു ഭഗവാൻ ചലിക്കുന്നില്ല അപ്പോൾ അത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നാം പിടി കിട്ടുക എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ മൂഢോയോ നഭിജാനാദി മാം ലോകോ ഈ ലോകം മിക്കവാറും ഒന്നോ രണ്ടാ ലോ ൂഢോയം നാഭിജാനാതിലോകോ മാം അജം അവ്യയം ഈ രണ്ട് പദത്തിന്റെ അർത്ഥം ഒന്ന് നല്ലവണ്ണം അതോടൊപ്പം ലോകം ചോദിച്ചിട്ട് മനസ്സിലാക്കുക അജനും അവ്യയനുമായ ഭഗവാന് ജനിക്കാനോ മരിക്കാനോ പറ്റുമോ എന്നാലോചിക്കുക അർജുന വേദാഹും സമതീത്താനെ കണ്ടത് എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ പറയുന്നല്ലോ അർജുന എനിക്കെല്ലാം അറിയാം എനിക്കെല്ലാം അറിയാമെന്ന് വച്ചാൽ എന്താ ഈ ജയത്ത് എന്നുവെച്ചാൽ ഈ ജയത്തില്ല ഞാനേ ഉള്ളൂ എന്നറിയാവുന്ന അർത്ഥം കഴിഞ്ഞതൊക്കെ എനിക്കറിയാം മരുഭൂമിയിൽ കാനൽ ജലം കാണുന്ന ഒരാൾക്ക് എല്ലാം അറിയാനെന്താ ആ കാനൽ ജലം ഇല്ല പിന്നെ എങ്ങനെ കാണുന്നു വെറുതെ കാണുന്നു ഇനി എന്താ അറിയാനുള്ളത് വിദാഹംസമ തീർത്താന് അല്ല അച്ഛനും അവ്യയനുമായിട്ടുള്ള ഭഗവാൻ ഇതൊക്കെ പലതും അറിയാം പലതറിയാം പുറപ്പെട്ടത് എപ്പോഴാണ് പുറപ്പെട്ടത് അറിയാവുന്ന പറഞ്ഞാൽ സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് എന്നാണ് ഉണ്ടായത് ഇതൊക്കെ എനിക്കറിയാവുന്നാണോ അർത്ഥം ഞാനേ ഉള്ളൂ ഈ കാണുന്നത് ആവർത്തിക്കുന്ന ഭ്രമം ആവർത്തിക്കുന്ന ഭ്രമം ആ ബ്രഹ്മഭുവനാണല്ലോ പുനരാവത്തിനുറക്കിന് ഇത് ഈ ഭ്രമം ഇങ്ങനെ ഉണ്ടായി മറയുന്നതായിട്ട് തോന്നുകയാണേ മറ്റുള്ളവർക്ക് അവരുടെ തോന്നൽ നികച്ചുകൊണ്ടും പറയാം വേദാഹം സമതീ താനി വർത്തമാനി ഭാരത കഴിഞ്ഞതൊക്കെ എനിക്കറിയാം ഇപ്പൊ നടക്കുന്നതൊക്കെ എനിക്കറിയാം ഭവിഷ്യാണി ച ഭൂതാനി ഇനി വരാൻ പോകുന്നതൊക്കെ എനിക്കറിയാം മാം തുവേദന അർജുനായി എന്നെ മാത്രം ആർക്കും പിടികിട്ടുന്നില്ല മാറി നിന്നറിയാനുള്ളതല്ല ഭഗവാൻ അവനവൻ്റെ ഉള്ളിൽ ഞാൻ ഞാനെന്ന് വ്യക്തമായി അനുഭവിക്കുന്ന ബോധത്തെ ഭേദചിന്തയും രാഗദ്വേഷവും മാറ്റി അറിഞ്ഞാൽ അതാണ് കൃഷ്ണൻ അതാണ് പരമാത്മാവ് പരബ്രഹ്മം ആചും അവ്യയം നല്ല ബോധ്യപ്പെടും അതനുഭവിച്ചനുഭവിച്ച് വരുമ്പോൾ നല്ലവണ്ണം ബോധ്യപ്പെടും സൂര്യതുല്യം തെളിയും അതുണ്ട് വേദാഹം സമതീത്താന് വർത്തമാനാന് ഭാരത് ഭവിഷ്യാണിജരാൻ പോകുന്ന ഭൂതാന് മാം എന്നെ മാറിതെന്നാർക്കും അറിയാനൊക്കില്ല മേശ അറിയുമ്പോൾ ഭഗവാനെ അറിയാനൊക്കില്ല അതാണ് എന്നെ ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ ഭഗവാനെ അറിഞ്ഞാൽ പിന്നെ ഇവിടെ ഭഗവാനെ ഉള്ളൂ അറിഞ്ഞവൻ പോലും ഭഗവാൻ റിഞ്ഞവൻ പോലും ഭഗവാൻ അറിയുന്ന ക്രമമൊക്കെ ഭഗവാൻ പേടിച്ചിട്ടുണ്ടേ ഭക്തമാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വത തതോ മാം തത്വ ജ്ഞാത്വ വിശത്തെ തദ്രം അർജുന ഭക്തി ഉണ്ട് എന്നെ അറിയാം എങ്ങനെ അറിയാം യാവാൻ ഞാൻ എത്ര വലുതാണെന്നറിയാം യശ്ച ആരാണ് ഞാനെന്നറിയാം നിശ്ചലവും അതിവും അമരവുമായ ബോധമാണ് ഞാൻ എന്നറിയാൻ പറ്റും യാവാൻ യശ്ചാസ്മിതത്വത തവുമാ തത്വതവും ഞാത്വ വെറും വസും എന്നറിഞ്ഞിട്ടുണ്ട് തത്വതവും ജ്ഞാത്വ പിന്നെ എന്താ സംഭവിക്കുക വിശതേ തദ്രൻ എന്നെ അറിയാൻ വരുന്നവൻ എന്നിൽ കടന്ന് ഞാനായി തീരുന്നു പിന്നെ എന്തറിയാൻ പിന്നെ വേറൊരാൾക്ക് മാറുന്നറിയാൻ പറ്റുമോ എന്നെ അതുകൊണ്ട് എന്നെ അങ്ങനെ മേശ പോലെ അല്ലെങ്കിൽ മറ്റൊരാളിനെ അറിയുമ്പോൾ അങ്ങനെയൊന്നും എന്നെ അറിയാൻ നോക്കില്ല മാം തുവേദന കഷ്ടന് അതൊക്കെ എന്താ ഭഗവാനെ ഇങ്ങനെ സംഭവിക്കുന്നത് ഇതാ നമ്മളെന്നും ആവർത്തിക്കുന്ന കാര്യം ഭഗവാൻ തീർത്തു പറയുന്നു അർജുന രാഗദ്വേഷ സമുദ്ധേന ദ്വന്ദമോഹേന ഭരത്ത ഇത് നമുക്കൊന്നും മാറ്റുകൂടെ അങ്ങോട്ട് ഉറച്ച് തീരുമാനിക്കുകയാണെങ്കിൽ നിസ്സാരമായിട്ട് മാറ്റാം ഇത്രേ വേള്ളൂ ഈ ബ്രഹ്മത്തെ കാണാൻ വേറെ ഒന്നും ചെയ്യണ്ട രാഗവും ദ്വേഷവും മാറ്റുക ദ്വന്ദ്വമോഹം മാറ്റുക എന്താ തിന്ദ്വമോഹം പലതുണ്ടെന്നുള്ള മോഹം പലതില്ല പലതില്ലാതിരിക്കുമ്പോൾ ഉണ്ടെന്ന് തോന്നുന്നത് മോഹമല്ലാതെ പിന്നെന്താ രാഗദ്വേഷ സമുദ്ധേന ഉച്ചലജിനോട് ഇഷ്ടം എന്നുവെച്ചാ ഇല്ലാത്തതിനോട് ചിലതിനോട് ഇഷ്ടം പിന്നെ ഉള്ളത് എങ്ങനെ അറിയാൻ പറ്റും ഇല്ലാത്ത ചിലതിനോട് വിദ്വേഷം ദ്വേഷം രാഗദ്വേഷ സമുദ്ധേന ദ്വന്ദ്വമോഹേന ഭാരത ദ്വന്ദ്മോഹം പലതെ തോന്നൽ എന്താ വേറെ അർത്ഥമുണ്ടോ ഈ ഒരൊറ്റ ശ്ലോകം കേട്ടിട്ട് ഇതിനെ മാറ്റാൻ ശ്രമിക്കും മറ്റൊക്കെ ആയിക്കൊള്ളാം ഇപ്പോ അവതാരമുണ്ടെന്ന് കാര്യം അവതാരമുണ്ടിരുന്നോട്ടെ കോവിലുകളിൽ ഓരോന്നിലും ഓരോ ഈശ്വരനും ഉണ്ടെങ്കിൽ ഇരുന്നൂട്ടെ വേറെ പല ഈശ്വരന്മാരുണ്ടെങ്കിൽ അവർ ഇരുന്നൂട്ടെ അതേ അവസരത്തിൽ ഇതും കൂടെ കൂട്ടിച്ചേർപ്പു ബുദ്ധിയുണ്ട് തൽക്കാലം അനുഭവിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഒന്നേ ഉള്ളൂന്ന് അപ്പൊ അതൊക്കെ ഒന്ന് തന്നെ നമുക്ക് തൽക്കാലം പോകാം അല്ല നിവർത്തിയില്ല അവതാരമുണ്ടെന്ന് വിശ്വസിക്കാൻ നിവർത്തിയില്ല എങ്കിലും ഇതൊക്കെ ഈ രാഗദ്വേഷം വേണ്ട ദ്വന്ദ് എന്താ ദ്വന്ദ് മോഹം എന്നുള്ളതിനർത്ഥം ദ്വന്ദ്ം രണ്ട് രണ്ടുണ്ടെന്നുള്ള തോന്നലാണ് ഏറ്റവും വലിയ മോഹിച്ചാൽ അങ്ങേ അറ്റത്തെ ക്രമം ആ കള്ളത്തിൽ മോഹം വന്നാൽ സത്യം അവിടെ കിട്ടും എവിടെ മനസ്സ് ചെന്ന് പറ്റുന്നു അവിടെ ബ്രഹ്മത്തെ കാണുക അവിടെ ധർമ്മം വേണ്ടത് സാർ അധർമ്മം വേണ്ടേ സാർ ധർമ്മോ അധർമ്മമൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഭഗവാനെ കിട്ടില്ല തീർച്ചയായും ധർമ്മവും അധർമ്മവും ഒക്കെ ധർമ്മം കർമ്മത്തിൻ്റെ ഭ്രമം കർമ്മമേ ഭം കർമ്മമില്ല ഉണ്ടെന്ന് തോന്നിയാൽ ബന്ധം ഒരിക്കലും വിട്ടുമാറില്ല ഒരിക്കലും അതാണ് ചിലരൊക്കെ ഗീതയിൽ പറയുന്നത് കർമ്മമാണ് അങ്ങനെ കർമ്മം ഗംഭീരമായിട്ട് അതൊക്കെ നടത്തണം പക്ഷെ ഗീതയിൽ അന്തിമമായി പറയുന്നത് കർമ്മമില്ലാത്ത സത്യത്തെ അനുഭവിക്കണം കർമ്മ അകർമ്മയെ പശേ അകർമ്മണിജ കർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മക്ക് അർജുന കർമ്മങ്ങളിൽ ലേശം പോലും കർമ്മമില്ലാത്ത വസ്തുവിനെ കാണണം കർമ്മമില്ലാത്ത വസ്തുവിൽ കർമ്മത്തെ കാണണം എന്ന് പറഞ്ഞാലോ ഇത് രണ്ടും കൂടെ പറ്റില്ല കർമ്മമില്ലാത്ത വസ്തുവെ ഉരുവെന്നും അനുഭവിച്ചറിയണം അത് അനുഭവിച്ചറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ലേ രാഗദ്വേഷവും ോഹവും മാറ്റണം ഇതാവർത്തിക്കുകയാണ് കൃഷ്ണൻ എന്നിട്ടും ആരും കേൾക്കുന്നില്ല വലിയ വലിയ പൂജ ആളം വെച്ച് കിടണം ഈശ്വരനെ കാണാൻ കണ്ടമാണാനും പണം ചിലവാക്കുകയും ഹിമാലയത്തിൻ്റെ കൊടുമുടി വരെ പോയി വളരെ ക്ലേശവും ഒക്കെ ചെയ്തിട്ട് വീട്ടിൽ വന്നിരുന്ന് ഒന്നും വീട്ടിൽ ഇല്ല എന്ന് അതൊക്കെ ചെയ്തോളൂ ഇതിലൂടെ മാറ്റും എല്ലാം ഒന്ന് ഹിമാലയത്തിൽ പോകുമ്പോഴും അവിടെ പോകുമ്പോഴും ഇവിടെ പോയുള്ളൂ ഒക്കെ ഭഗവാൻ മനസ്സ് ചെല്ലുന്ന ഒക്കെ ബ്രഹ്മം എത്ര എത്ര മനോയാധി ബ്രഹ്മണതത്ര ദർശനം നമ്മൾ ശാസ്ത്രീയമായിട്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ് ഒരു കെമിസ്റ്റ് വെള്ളം കണ്ടാൽ ഉടൻ തീരുമാനിക്കും ഓക്സിജനും ഹൈഡ്രജനും എന്താ ശാസ്ത്രീയമായി പഠിച്ചു വെച്ചതാണ് അതുപോലെ ഈ മേശബോധമാണ് എന്ന് നമ്മൾ ശാസ്ത്രീയമായി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ മേശ കണ്ടാൽ കണ്ണു മേശ എന്ന് കാണിക്കുന്നു ബുദ്ധി കൊണ്ട് എന്താ ്രഹ്മം ആരോടും പറയേണ്ടാവേണ്ടെങ്കിൽ എന്നുറപ്പിക്കൂ അതാണ് എത്രയെത്ര മനോയാതി ദർശനം മനസ്സ് എവിടെയൊക്കെ ചെന്ന് പറ്റുന്നോ അവിടെ ബ്രഹ്മത്തെ ബുദ്ധി കൊണ്ട് കാണണം ഇതാണ് കൃഷ്ണൻ ആവർത്തിച്ചു പറയുന്നത് സാഖ്യ ബുദ്ധി ബുദ്ധിമന്വച്ഛ എടോ ഈ കർമ്മരംഗത്ത് ഒരു നിമിഷം വിട്ടുപോകാതെ ബുദ്ധിയെ ശരണം പ്രാപിക്കൂ എന്ത് ബുദ്ധി പല ബുദ്ധിയല്ല ബ്രഹ്മബുദ്ധി ഈശ്വരനെ ഉള്ളൂ എന്ന ബുദ്ധിയെ ശരണം പ്രാപിക്കൂ കൃപണ ഫലഹേതവർ ഇല്ലാത്ത കർമ്മത്തിൻ്റെ ഫലത്തെ ആശ്രയിച്ച് ജീവിതം ധന്യമാക്കാം എന്ന് കരുതുന്നവർ അർജുന കൃപണ അനുക എല്ലാം നഷ്ടപ്പെട്ടൊടുവിൽ പെടങ്ങി വിളിച്ച് ഇവിടുന്ന് പോകേണ്ടതായിട്ട് വരും അതിനു മുമ്പ് എന്നെ അന്വേഷിക്കൂ ബുദ്ധഭൂശരണം അന്വേഷിച്ച ഇത് കൂടെ കൂടെ പറയുമെ കൃഷ്ണൻ മനസ്സുകൊണ്ട് കർമ്മങ്ങളെയൊക്കെ സന്യസിച്ചിട്ട് ബുദ്ധി കൊണ്ട് എന്നെ പിന്തുടരൂ ശാസ്ത്രീയമായി വിചാരം ചെയ്ത് തീരുമാനിച്ചു വയ്ക്കുന്ന ബുദ്ധിയാണ് ശാസ്ത്രീയമായി ഇത് വിചാരം ചെയ്ത് തീരുമാനിച്ചാൽ ആ ബുദ്ധി ജ്ഞാന ദൃഷ്ടി എന്നൊക്കെ പറയുന്ന അത് പിന്നെ ഒരിക്കലും വിട്ടുപോവില്ല എന്തു കോലാഹലം വന്നാലും വിട്ടുപോവില്ല ജ്ഞാനദൃഷ്ടി വാസിഷ്ടം പറയുന്നു അജിക്മവന്ധകാരേഷു ബഹു തേജസ്വജ്നിത്വം കൂരിരുട്ടിലും ആ കണ്ണ് അവ്യത്വമൊന്നുമല്ല കൂരിരുട്ടിലും ആ കണ്ണ് തെളിഞ്ഞു നിൽക്കും അജിക് മന്ധകാരേഷു എത്ര വലിയ തേജസ് അത് ചുളുങ്ങയില്ല ആ കണ്ണ് വിചാരശ്ചാരുലോചനം പശ്യത്യവിവഹിത്വം പശ്യതി മേശയെ കാണുന്നു പക്ഷെ വ്യവഹിതം ആ ജ്ഞാനദൃഷ്ടി ബ്രഹ്മത്തെ കാണുന്നു കണ്ണ് മേശയെ കാണിക്കുന്നു പക്ഷെ ആ ജ്ഞാനദൃഷ്ടി ബ്രഹ്മത്തെ കാണിക്കുന്നു അതാണ് പശ്യത്യവി്യവഹിത്വം വിചാരശാരുലോചനം കുറച്ചൊന്ന് ചിന്തിച്ച് ഈ സത്യം ്രഹ്മവൃത്തി മനസിന്റെ ബ്രഹ്മവൃത്തി എന്നുവെച്ചാൽ എവിടെയൊക്കെ ചെന്ന് പറ്റുന്നോ അവിടെ ബ്രഹ്മത്തെ കാണുക ഈ വൃത്തി ഒരിടത്തും മങ്ങാത്ത ജ്ഞാന ദൃഷ്ടിയാണ് ഏത് കൂലിരുട്ടിലും മങ്ങിപ്പോകാത്ത ഏത് ക്ലേശത്തിലും മങ്ങിപ്പോകാത്ത ജ്ഞാന ദൃഷ്ടിയാണ് ഏഹി വൃത്തി വിജാനത്തി അചാര്യസ്വാമികൾ പറയുന്നു ഈ വൃത്തി ഒന്ന് ശീല വേറൊന്നുമില്ല കാണുന്നതൊക്കെ ്രഹ്മമാണെന്ന് ബുദ്ധി കൊണ്ട് നിശ്ചയിക്കുക ഏഹി വൃത്തിന്തി ആരാണോ ഈ ബ്രഹ്മവൃത്തിയെ അറിയുന്നവർ ഞാത്വാർത്തയന്ത്യവി ദിവസേന അതങ്ങോട്ട് ഉറപ്പിച്ചുറപ്പിച്ചു പോകുന്നു ദേഹി സത്പുരുഷാ ധന്യാ അവര് മാത്രമാണ് ഈ ലോകത്തത് ധന്യന്മാരായ സത്പുരുഷന്മാർ അല്ലാതെ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞുകൂടി നടക്കുന്നവർക്കൊന്നും ഒരു സ്വസ്ഥതയും കിട്ടില്ല തേ ഹി സത്പുരുഷാധന്യാ തേ വന്ധ്യാഹഭുവനത്രേ അവര് ഇന്ദ്രാതിദേവന്മാർ പോലും ദൂരെ നിന്ന് കൂപ്പുകൈ എടുത്ത് വണങ്ങിയിട്ട് പൊക്കോളും എന്നാണ് ആചാര്യസ്വാമികളെന്ന് മറ്റും പറയുന്നത് അപ്പം ഇത് ശീലിക്കാൻ എന്താ നമുക്ക് പ്രയാസം ഇന്ന് മുതൽ ശമിച്ച് നോക്കുക അടുക്കളയിലായാലും വീട്ടിലായാലും റോഡിലായാലും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് ഒക്കെ നമ്മളെ ആചാര്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ യാതൊന്നു കണ്ടതത് നാരായ നാരായണമെന്ന് വച്ചാൽ ബ്രഹ്മം എന്നാണ് അർത്ഥം യാതൊന്നു കണ്ടത് നാരായണ പ്രതിമ യാതൊന്നു കേട്ടതത് നാരായണശ്രുതികൾ യാതൊന്നു ചെയ്തത് നാരായണ അർച്ചനകൾ ധർമ്മമോ അധർമ്മമോ എന്തുമാവട്ടെ നാരായണായുധം അദ്ദേഹം പറയുന്നു ഒന്നായ നിന്നെയ്യ രണ്ടെന്നു ഈ ശ്ലോകമൊക്കെ വായിച്ച അർത്ഥം മനസ്സിലാക്കിയാൽ പോരാ അത് അനുഭവിക്കാൻ കൂടെ എന്താ ശ്രമിച്ചു കൂടാത്തത് രണ്ടെന്ന് കാണണ്ട ഒന്നേ ഉള്ളൂ പണ്ടേ കണക്ക് വരുവാൻ നീൻ കൃപാവലികൾ ഉണ്ടാകുക എങ്കിഹ ആരായണായ നാം നല്ല ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് അതിൽ പ്രവൃത്തെ ഹരിതാമകത്തരുന്ന വായിച്ചാൽ മതി ഏതാണ്ട് അതും വായിച്ചിട്ട് പലകളുണ്ടെന്നും പറഞ്ഞ് അതിൻ്റെ പുറകു ഇതിൻ്റെ ഒക്കെ പിറകെ പോവാം ഒന്നും വേണ്ടുന്നില്ല പണത്തിൻ്റെ പുറകെ അത്യാവശ്യമെങ്കിൽ പണത്തിൻ്റെ പുറകെ പോകാം കീർത്തിയുടെ പുറകെ പക്ഷേ അപ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പോകുന്നുമില്ല എന്ത് രസമാണ് ജീവിതം ഒന്നും നഷ്ടപ്പെടില്ല ഇവിടെ പക്ഷെ ഒന്നും നമ്മൾക്കേറി ബന്ധിക്കുകയുമില്ല എന്തു ചെയ്യാം അർജുന രാഗദ്വേഷ സമുദ്ധേന ദ്വന്ദ്വമോഹേന ഈ രണ്ട് വാക്കുക ഓർമ്മിച്ചുവെക്കുക ഭാരത സർവഭൂതാനി സമൂഹം സർഗേയാ തോന്നുമ്പോ സർഗം സൃഷ്ടി സൃഷ്ടി ഉണ്ടെന്ന് തോന്നുമ്പോ സകല ജീവജാലങ്ങളും ഈ രാഗദ്വേഷവും ദുരുവമൂഹവും കൊണ്ട് ഉഴലുന്നു വാസിഷ്ടം പറയുന്നത് ഇത്രയല്ല കുറെ കൂടെ കടുപ്പിച്ചാണ് ഈ വരി തന്നെ ആദ്യത്തെ വരി വിടാതെ സർവഭൂത രാഗദ്വേഷ സമുദേന ദന്തുമോഹേന ജന്തവരാവിവരലഗ്നാനാം കീടാനാം സമതാം കെത്താറ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ലോകത്തെവിടെയും കീടങ്ങൾ ഈ പൊത്തിലുള്ള കീടങ്ങൾ തമ്മിൽ കൊത്തി കൊത്തി അതല്ലേ ഇന്ന് ലോകത്തെവിടെയും നടക്കുന്നത് വീടുകളിലും പുറത്തും ഒക്കെ നടക്കുന്നത് ഈ കലഹങ്ങളാണ് എന്തിനാ ചില ചിലരി അല്പപ്പണത്തോട് അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോട് കടുത്ത രാഗം ദ്വേഷം വെട്ടും കൊലയും കൊല്ലലും അല്ലേ നടക്കുന്നത് ഈ രാഗദ്വേഷവും ദന്തുമോഹവും മാത്രമല്ലേ അതിന് കാരണം ലോകത്തേതു വ്യക്തിയുടെ ഏത് ദുഃഖവും വിശകലനം ചെയ്തു നോക്കുക വസ്തു അറിയാതെ ഏതോ ഒന്നിനോടോ ഒരു വ്യക്തിയോടോ ഉള്ള രാഗം അല്ലെങ്കിൽ ദ്വേഷം ആ ദുഃഖത്തിന് കാരണം ീശ്വരൂപങ്ങളിൽ പോലും രാഗമോ ദ്വേഷമോ വന്നാൽ സ്ഥിതി ചെയ്യ രൂപമോ രൂപമല്ല ഈശ്വരൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്നവരെ ഒരു വസ്തു അതേ ഉള്ളു അപ്പൊ രൂപങ്ങളിൽ രാഗം ദ്വേഷം ഇത് നടക്കുന്ന കോലാഹലങ്ങളിൽ ഒട്ടുമുക്കാലും ഈശ്വരനെ ചൊല്ലിയുള്ളതാ അതെന്റെ ഈശ്വരൻ എന്റെ ഈശ്വരൻ അതിന് വേണം നമുക്ക് തങ്ങൾ കൊല്ല ലോകത്തെമ്പാടും നടക്കുന്നത് വേറെ എന്താ ഞാൻ ചോദിക്കട്ടെ നിന്റെ ഈശ്വരനും എന്റെ ഈശ്വരനും അതിന്റെ കൊല്ലണോ പക്ഷെ തലയ്ക്ക് പിടിച്ചുപോയി സത്യമറിയില്ല ഈ അഖണ്ഡ ബോധം മാം അജമ്യം അർജുന കഷ്ടം രഗദ്വേഷ സമുദേന ദ്വന്ദു മോഹേണ ഭാരത സർവഭൂതാനി മൃഗങ്ങളൊക്കെ പിന്നെ അതാണല്ലോ അവയ്ക്ക് ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇല്ല കണ്ടാലുണ്ട് തങ്ങൾക്കിടയിൽ പട്ടികളും ഒരേ വംശത്തിൽ ജനിച്ചവർ കണ്ടുപോയെങ്കിൽ ഇതല്ലേ മനുഷ്യരും നടത്തുന്നത് എന്നിട്ട് അവിടെ അവതാരമുണ്ട് ഇതുണ്ട് ഇവിടെ ഇപ്പം ലോകത്തെ നന്നാക്കാൻ ഒരുപാട് ആളുകളുണ്ട് എന്താ ഈ ബുദ്ധനും ക്രിസ്തുവും നബിയും കാറൽ മാർക്സും ഇവരൊക്കെ ലോകത്തെ നന്നാക്കിയവരല്ലേ ഇപ്പോൾ അടി കൂടുന്നതും അവരല്ലേ ചിന്തിച്ചു നോക്കുക ഞാൻ ആരെയും കുറ്റം പറയല്ല ഇപ്പം ഈ കോലാഹലം മുഴുവൻ ഉണ്ടാക്കിയതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ഇവരെ കൂടാണ് ബുദ്ധനും ക്രിസ്തുവും പണ്ടൊക്കെ ബുദ്ധൻ അഹിംസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോ അവർ സ്റ്റങ്കനുമായിട്ടാണ് നിവർക്കുന്നത് നിവർത്തിയില്ല വേറെ എന്തു ചെയ്യാൻ ഇതാണോ നമ്മുടെ ഈശ്വര ഭജനം ഈ തത്വം ഉണ്ടെങ്കിൽ ഈ തത്വം ഒന്ന് പിടികിറ്റിയ മതഭേദം ജാതിഭേദം അവരിൽ വിചാരിച്ചാൽ പോലും വെച്ചു പുലർത്താൻ സാധിക്കില്ല എങ്ങനെ സർവത്രോഹേ ജഗദീശ്വർ ഇവിടെ ആരോ ഉള്ളത് എന്ത് ജാതിഭേദം എന്ത് മതഭേദം പക്ഷെ എളുപ്പമല്ല ഭഗവാൻ അതാണ് പറയുന്നത് അനേക ജന്മസംസി എന്ന എളുപ്പമാണ് ഭഗവാൻ ഇതാ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഈ ശ്ലോകം ഇരുപത്തിയേഴാമത്തത് രാഗദ്വേഷ സമുദേന ദന്ദുമോഹേന ഭാരത സർവഭൂത്താന് ദേവന്മാർക്ക് പോലും പരസ്പരമായിട്ടി വായിച്ചു നോക്കണം പുരാണം ഇന്ദ്രലോകത്തും ഇവരും ഒക്കെ വലിയ കുഴപ്പക്കാരാണ് നീ ചന്ദ്രനും ഒരുപാട് കുഴപ്പമുണ്ടാക്കിയതായിട്ടാണ് പുരാണത്തിലും മറ്റു പറയുന്നത് രാഗദ്വേഷം ചിലരോട് വരെ രാഗിക്കുക ദ്വേഷിക്കുക ഇതല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല രാഗദ്വേഷ സമുദ്ധേന ഈ ശ്ലോകമൊക്കെ നേരെ വായിച്ച് മനസ്സിലാക്കുക അല്ലാതെ ഒരു മാതമുള്ള ഇതുണ്ടെന്നൊക്കെ ജീവിതം പാഴായിപ്പോകും ഇവിടെ ഒന്നും വരെ ഉണ്ടാകാനൊക്കില്ല അത് തലയ്ക്ക് വരെ പിടിക്കും ആളുകളോട് വഴക്കം കൂടി വിദ്യാരണ്യസ്വാമികളോടെയും കുഞ്ഞേ നീ അനുഭവത്തെ കൂടെ ആസ്പദമാക്കി മുമ്പോട്ട് പോകും വല്ല യുക്തിയും ചിന്തിക്കണമെങ്കിൽ അനുഭവത്തെ കൂടി കൂട്ടിച്ചേർത്തോ പോകും ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ള അനുഭവത്തെ പരീക്ഷിച്ചു നോക്ക് രാഗവും വേഷവും ഭേദചിന്തയും കുറച്ചുപേക്ഷിച്ചു നോക്ക് അല്പം ഉപേക്ഷിച്ചാൽ സ്വൽപ്പ ധർമ്മ എത്ര പേരെന്നോട് വന്ന് പറയുന്ന സാർ പണ്ട് എനിക്ക് വല്യ ദേഷ്യമായിരുന്നു ഇത് ബ്രഹ്മനിഷ്ഠയൊന്നുമല്ല പണ്ട് വീട്ടില് വല്യ ദേഷ്യമായിരുന്നു ഞാനിപ്പം ദേഷ്യപ്പെടാറില്ല എല്ലാം കുറഞ്ഞു അപ്പൊ വീട്ടിലെന്തു സുഖം എന്നറിയാമോ ഇപ്പോ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ എന്നോട് വളരെ ഇഷ്ടം ഞാൻ ആവശ്യങ്ങൾ ഇല്ലാത്തതിനൊന്നും ദേഷ്യപ്പെടാറില്ല ഏതു കാര്യത്തിനും ബ്രഹ്മനിഷ്ഠയുമല്ല ഇതാണ് സത്യാന്വേഷണം നമ്മുടെ കാമക്രോധകൾ ഉപാരങ്ങൾ കുറഞ്ഞു വരണം യഥാഗദേവനു ലിംഗം അലിംഗമൂർത്തേ സംശാന്ത സംസൃതി ചില ഭ്രമവിഭ്രമസ് തജ്ഞസ് ഒരു സത്യാന്വേഷിയുടെ ലക്ഷണം എന്താ മകന് കോപ ആദ്യ വികാരങ്ങൾ നിപുണം തനുത്വം നിപുണമായി കുറഞ്ഞരണം എന്നുവെച്ചാൽ ഭഗവാന് വിചാരിച്ച് മദന് കോപ വിഷാദ ലോഭമോഹാപദ മദനന് കാണം ക്രോധം വിഷാദം ലോഭം തുടങ്ങിയ ആപത്തുകളെ നിപുണം തനുത്വം അത് സമർത്ഥമായി പിടിച്ചടക്കിയ പോരാണായ മോഹച്ചും അതൊക്കെ വേണ്ടതല്ല കുറെ നേരം അങ്ങോട്ട് മനസ്സിനെ കെമ്പിടിച്ചമർത്തി കൊറച്ചുനേരം വച്ചു അവിടെ നിന്ന് എണീക്കുമ്പോ പിന്നെ അവരൊക്കെല്ലാം ആ സ്പ്രിങ് ഇങ്ങനെ പിടിച്ച് താത്തി വെച്ചോണ്ട് പോ കൈവിട്ടാൽ പോയില്ലേ അതുപോലെ തിരിച്ചു വരും അതിന് ഇതും കൂടെ ചേർക്കുക മറ്റൊക്കെ ആയിക്കോട്ടെ സഹസമാധാനം ജപിക്കുകയെ ധ്യാനിക്കുകയെ എല്ലാമാവാം പക്ഷെ ഇത് വിടരുത് ഒന്നേ ഉള്ളൂ ഇവിടെ ആരോടും കോപിച്ചിട്ടും ഒന്നിലും ലോഹിച്ചിട്ടും ഒന്നും ഒന്നും കിട്ടാനില്ല ന്യായമായതൊക്കെ ചെയ്യുന്നു എന്ന് വിചാരിച്ച് ഒന്നിനും കൊള്ളാത്ത ഒരാളിനെ പോലെ മാറി നിൽക്കുക എന്നുള്ള പ്രശ്നം നല്ലത് വേദാന്തയ്ക്കില്ല യുദ്ധം വരവേണ്ടി വന്നാ ചെയ്യും അതാ ഖഡ്വാങ്കൻ എന്ന രാജാവിന്റെ കഥ വായിച്ചു നോക്കുക ദേവേന്ദ്രന് അസുരന്മാരെ ജയിക്കാൻ കഴിഞ്ഞില്ല ഖഡ്വാങ്കൻ വിളിച്ചു ഭൂമിയിൽ നിന്നും എന്ന രാജാവിന് അത് പൂർണ്ണ ബ്രഹ്മനിഷ്ഠൻ ആ കഥ വായിച്ചു നോക്കുക ഈ ഭാഗവത ഹൃദയത്തിലൊക്കെ ഉണ്ട് ഖണ്ഡ്വാങ്ക് ശരി സങ്കല്പം അദ്ദേഹം ധൈര്യമായിട്ട് പോയി അസുരന്മാരുമായി യുദ്ധം ചെയ്തു ജയിച്ചു അപ്പോ ജയിച്ചു വന്നപ്പോ ദേവേന്ദ്രൻ പറഞ്ഞു ഇതാ സ്വർഗമെല്ലാം അങ്ങയുടെ വക എന്തു വേണോ അനുഭവിച്ചോളൂ അദ്ദേഹം പറഞ്ഞ ശരി എനിക്കൊന്നും ആവശ്യമില്ല ഞാൻ ഇതിനേക്കാൾ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോലും നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് ആനന്ദം ഞാൻ അനുഭവിച്ചുള്ള ഞാൻ ആരെയൊക്കെ കൊല്ലാൻ ശ്രമിക്കുന്നു അവരും സക്ഷാൽ ബ്രഹ്മം അവിടെ ആരെയും കൊല്ലുന്നുമില്ല ആരെയും ജനിപ്പിക്കുന്നുമില്ല ഒന്നുമില്ല അദ്ദേഹം പറയുന്നു ദേവൈഹി കാമകരോ ദത്തോ രാജാവ് തിരിച്ച് കൊട്ടാരത്തി ഒന്ന് പറയുകയാണ് ദേവന്മാരെനിക്ക് കാമകരി എന്ത് വേണോ അനുഭവിച്ചോളൂ കൽപ്പവൃക്ഷം കാമധേനോ ദേവൈഹി കാമകരോ ദത്തോ മഹ്യം ത്രിഭുവനേശ്വരൈഹി ത്രിഭുവനേശ്വരന്മാർ അവരെന്ത് വേണോ അനുഭവിച്ചോളപ്പുള്ളൂ മഹ മുഖാമം ഞാനത് വേണ്ടെന്ന് വെച്ചു എന്താ ഭൂതഭാവന ഭാവന എവിടെയും ഈ ജഗത്തെന്ന ഇന്ദ്രജാലം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഞാൻ എവിടെയും ഭാവന ചെയ്തതുകൊണ്ട് ഞാൻ അതിൽ പറഞ്ഞു എനിക്ക് ദുഃഖത്തിന്റെ കണിക പോലുമില്ല ടത്തിലും മരണത്തിലും പിന്നെ ഞാനെന്തിനാണ് ഈ ദേവന്മാരുടെ കാമധേനോ ഗൽഭവൃക്ഷവും പിടിച്ചു വാങ്ങുന്നത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പോകുന്നു ബാല്യേ പി മധുര മഥറുമ്മേ ഇതൊക്കെ കണ്ടു അങ്ങനെ ആവാമെങ്കിൽ എന്താ നോക്കുപാടിക്കാത്തത് ഞാൻ മറ്റൊന്നും കണ്ടിട്ടില്ല മാശ്യം ഉത്തമ ശ്ലോകന്യ തിഞ്ചന വസ്തു ആ ജഗതീശ്വരനെ അല്ല എന്ന് മറ്റേ യാതൊരു വസ്തുവിനെയും കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ടിട്ടില്ല ഏ പിന്നെ അങ്ങനെ ഇന്നലെ ചോദിച്ചതുപോലെ പിന്നെ അങ്ങ് യുദ്ധം ചെയ്യാൻ പോയെന്നു ആര് യുദ്ധം ചെയ്യാൻ പോയി ഞാൻ യുദ്ധമൊന്നും ചെയ്യാൻ പോയില്ല ഈ ശരീരം എന്തൊക്കെയോ നാടകം അഭിനയിക്കുന്നു വേഷം എന്നിലിരിക്കുന്ന സത്യം അനങ്ങുന്നില്ല ഇതാണ് ജലഭരതന്റെ കഥ നമുക്ക് വായിച്ചു നോക്കുക നമുക്കിത് അത്ഭുതമായിട്ട് തോന്നും യുദ്ധം ചെയ്യാൻ പോയ ഒരാൾ പറയുന്നു ഞാൻ യുദ്ധം ചെയ്യാൻ പോയില്ല ഞാൻ അവിടെയും ആനന്ദം അനുഭവിച്ചു ബാല്യേബി മധുരം മഹ്യമധുരും കുറിച്ച് ആവശ്യം ഉത്തമ കിഞ്ചന വസ്തുഹം ആ ജഗതീശ്വരനല്ലാതെ മറ്റു ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല യുദ്ധക്കളത്തിലും ഒരിടത്തും കണ്ടിട്ടില്ല ഇതാണ് കണ്ടു അംഗൻ അതുകൊണ്ട് ഞാൻ അത അത ഈശമായ രചിതേഷു ജഗതീശ്വരന്റെ മായ ഉണ്ടാക്കി കാണിക്കുന്നതാണ് ഈ പ്രപഞ്ചം ഗന്ധർവുരോപമേഷു ഈ ജഗത്തെന്താ വെറൊരു ഗന്ധർവ നഗരം ഇതെവിടെ ഉണ്ടായിരിക്കുന്നു ഇതെങ്ങനെ കാണപ്പെടുന്നു ഭൂമി എവിടെയാ നിൽക്കുന്നത് ഏതെങ്കിലും ശാസ്ത്രജ്ഞന് പറയാൻ പറ്റുമോ അത് സൂര്യന് ഇത്രയിലെ ലോകയിട്ട് സൂര്യൻ എവിടെയാ നിൽക്കുന്നു ഈ അനന്തമായ ആകാശത്തിൽ എവിടെയോ നിൽക്കുന്നു എവിടെയോ ഇതാണ് ഗന്ധർവ നഗരം ഇല്ലാത്ത ഒരു നഗരം ആകാശത്തിലുണ്ടെന്ന് തോന്നും ഭൂമിയൊക്കെ അത് തന്നെയാണ് ഇത് എവിടെ നിൽക്കുന്നു എന്തിന് ഈ കോലാഹലമൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ആര് കറക്കുന്നു എവിടെ നിൽക്കുന്നു എന്നാർക്കും പറയാൻ സാധ്യമല്ല ശൂന്യാകാശത്തിൽ എവിടെയോ നിൽക്കുന്നു എവിടെയോ അതുകൊണ്ടാണ് അധൈശമായ ആരേശിച്ചേഷു സംഘം ഞാൻ യുദ്ധമൊക്കെ ചെയ്യുന്നു എനിക്കൊന്നിനോടും സംഘമില്ല അതാ എന്നുവെച്ചാൽ രാഘന്റെ വശങ്ങളിൽ ഞാൻ വിശ്വകർത്തുഭാവേന ഹിത്വ അവയൊക്കെ കാണുമ്പോ ഞാൻ അവയിൽ ബ്രഹ്മത്തെ ബുദ്ധി കൊണ്ട് തീരുമാനിക്കും അപ്പോൾ അതൊക്കെ വിട്ടു മേശയെ കാണുമ്പോൾ മേശ ബ്രഹ്മമാണെന്ന് തീരുമാനിച്ചാൽ മേശ പോയി മേശയില്ല അതേശമായ ആരജിതേഷു സംഗം ഗുണേഷു ഗന്ധർവുര മേശു രൂഢം പ്രകൃത്യാത്മനി വിശ്വകർത്തുർഭാവില്ല ആ ജഗതീശ്വര ഭാവം കൊണ്ട് അല്ല തിരിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടോടിപ്പോകലോ ഒന്നുമല്ല ഗംഭീരമായിട്ട് അവരവരുടെ വീടുകളിൽ ഇരിക്കുക പക്ഷെ വീടുൾപ്പെടെ എല്ലാം തിരിച്ചിരിക്കുന്നു എന്താ കാര്യം വീടുൾപ്പെടെ എല്ലാം ബ്രഹ്മമാണ് എന്നുറപ്പ് വന്നിരിക്കുന്നു ഇനി ഏത് വീണ് സർവധർമാൻ പരിത്തിച്ച് മാം ഏകം ശരണം കൃഷ്ണന്റെ അന്തിമമായ ഉപദേശം ഇത് മാത്രമാണ് അർജുന സർവഗുഹ്യതമം ഭൂയശ്രണുമേ പരമം വശ അർജുന രഹസ്യങ്ങളുടെ മുഴുവൻ രഹസ്യമായ കരിഞ്ച് വീണ്ടും പറയാൻ കേൾക്കൂ ഇവിടെയൊക്കെ പറഞ്ഞത് അതാ അതാണ് ഭൂയശൃണു വീണ്ടും ഞാൻ പറയാൻ കേട്ടുള്ളൂ ഭൂയശൃണുമേ പരമ ഇതിനപ്പുറം ഒരു വാക്കില്ലറിഞ്ഞിടാ അതിപ്പോൾ എന്നോട് എന്തിനാണ് പറയുന്നത് ഇഷ്ടോസിമേ ദൃഢമേദി നീ എനിക്കേറ്റവും പ്രിയപ്പെട്ടവനാണ് നോക്കണേ ഈ കൃഷ്ണൻ ഇവിടെ ആരും ഇല്ലെന്ന് പറയുന്നു പിന്നെ പ്രിയപ്പെട്ടവനോ അങ്ങനെയൊക്കെ പറയും കേൾക്കാമെന്നുള്ള ഒരു കേട്ടാൽ മതിയാണ് അല്ലാത്തവർ കേൾക്കണ്ട എങ്ങനെയും ഈ ഭ്രമത്തിൽ കിടന്ന് പിടയുന്നവർ ഒന്നങ്ങോട്ട് അടുപ്പിക്കാനുള്ള ഭ്രമത്തിലെ ശ്രമമാണ് ഭഗവാന് തന്നെ നല്ലതെന്ന് അറിയാം തൻ്റെ വേഷത്തിൻ്റെ ചില ഒന്നരം കളികൾ ഇഷ്ടോസിനെ ദൃഷമീതി തതോ ഭക്ഷ്യാമേ തേ ഹിതം നീ എനിക്ക് അങ്ങേറ്റം ഇഷ്ടനാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഹിതം പറയുന്നു എന്താ ഹിതം സർവധർമാൻ പരിത്യജ എല്ലാം വിടൂ എല്ലാ നി നിന്നെ ഉൾപ്പെടെ എല്ലാം വിടൂ പിന്നെ എന്തുവേണം മാം ഏകം ശരണം പറഞ്ച്ഛ എന്താ ഈ ശ്ലോകത്തിനൊക്കെ അപ്പുറം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാതെ അവിടെ കൃഷ്ണനുണ്ട് ഇവിടെ രാമനുണ്ട് എന്നും പറഞ്ഞു അതൊക്കെ തൽക്കാലം ഇരിക്കട്ടെ പക്ഷേ ഈ ശ്ലോകങ്ങളിൽ ഓർമ്മിക്കണം കൃഷ്ണൻ മാത്രമേ ഉള്ളൂ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ കൃഷ്ണൻ ആരാണ് സാക്ഷാൽ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ ബ്രഹ്മം ഒരു വിട്ടുവീഴ്ചയുമില്ല ഒരു വിട്ടുവീഴ്ചയും ഇതാണ് കൃഷ്ണൻ്റെയും അവസാന ഉപദേശം ബാക്കിയൊക്കെ ഞാൻ നോക്കോളാം സർവധർമാൻ പരിത്യജ് മാമേഘം ശരണം പ്രജ അഹന്വ സർവപാപേഭ്യോ മോക്ഷ്യ സകലബന്ധങ്ങൾ അവിടെ പാപം എന്ന് വെച്ച ബന്ധം ബന്ധമാണ് പാപം സർവ പാപേഭ്യൂവ മോക്ഷയിക്ഷ്യാമേ ഞാൻ അങ്ങനെ മോചിപ്പിത്തോകാം നീ ഇത് ഉറപ്പിക്കുമ്പോൾ രാ പകൽ ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ വീട്ടിലായാലും നാട്ടിലായാലും എവിടെ ആരോ മാശ്വിച്ച അർജുന ദുഃഖിക്കരുത് എന്തിന് ഇവിടെ ഈ ഇല്ലാത്തതിൽ കിടന്ന് രാ പകൽ കണ്ണുനീർ വാർക്കുക കരയുക ഒടുവിലോ ഒക്കെ വിട്ടുപോവുക വാസ്തവത്തിൽ ഇതുപോലും ചിന്തിക്കാൻ കഴിയാത്ത മനുഷ്യബുദ്ധി മനുഷ്യബുദ്ധി കിട്ടിയിട്ട് എന്താ പ്രയോജനം രാഗദ്വേഷ സമത്ഥേന ദ്വന്ദ്ഭാവേന ഭാരത സർവഭൂത സമൂഹം സർഗേയാ പരന്ത അടുത്തത് ഇരുപത്തെട്ടാമത്തെ പദ്യം എന്താ പറയുക ഏഷാം ദ്വന്ദവഗതം പാപം ജനാനാം പുണ്യകർമ്മ ചില പുണ്യകർമ്മങ്ങൾ ചെയ്ത ജനങ്ങൾക്ക് അപ്പം പുണ്യകർമ്മങ്ങളുണ്ടോ സാർ ഏ ഒന്നുമില്ല ആ ഉണ്ട് അവർക്ക് സത്യം അറിയുന്നത് വരെ പുണ്യവുമുണ്ട് പാപമുണ്ട് പക്ഷേ ആ പുണ്യവും പാപവും ഭ്രമമാണ് ഒന്നേ ഉള്ളൂ എന്നും മനസ്സുകൊണ്ട് ഉറപ്പിച്ചുറപ്പിച്ച് അനുഭവപ്പെടുന്നത് വരെ പുണ്യവും പാപവും ഒക്കെ ഉണ്ടെന്ന് വെച്ചോളാം ഏഷാന്ത് അന്വഗതം പാപം ജനാനപുണ്യകർമ്മ അവർ മുമ്പോട്ട് പോയാൽ എന്ത് സംഭവിക്കും ോഹ നിർമുക്ത അതാണ് ഇപ്പോൾ പുണ്യമുണ്ട് പാവമുണ്ടെന്ന് ആദ്യത്തെ വരി പറഞ്ഞു രണ്ടാമത്തെ വരി പറയുന്നു അവരങ്ങനെ പോയാൽ ദ്വന്ദ്വമോഹ നിർമുക്ത ദ്വന്ദ്വമോഹം രണ്ടുണ്ട് എന്നുള്ള മോഹം അവർക്ക് ഇല്ലാതാവും അർജുന തേ ദ്വന്ദ്വമോഹ നിർമുക്ത ഭജന്തേ ദൃഢത്ത അവർ ദൃഢവ്രതന്മാരായി എന്നെ ഭജിക്കുന്നു എന്താ ദൃഢവുള്ളതും ഇവിടെ അടുത്ത് പോയി പട്ടണി ഇരിക്കലോ തലകുത്തി നിൽക്കലോ വലിയ പൂജ നടത്തലോ ഒന്നുമല്ല ഭഗവാൻ അതൊന്നും ആവശ്യമില്ല ഭഗവാൻ നൽകാവുന്ന ഏറ്റവും വലിയ പൂജ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുറപ്പിക്കുള്ളൂ അതിനൊക്കെ പിന്നെ ഒരു പൂജയുമില്ല അതിനൊരു കാശ് ചെലവില്ല ഇന്ന ആൾക്കേ ഓടുകൾ ഇന്ന സ്ഥലത്തെ പിന്നെ സമയത്തെ പാടുള്ള ഒന്നില്ല ഇതിൽ കവിഞ്ഞ് മറ്റൊരു പൂജയും ചെയ്യാൻ അല്ലേ ഈ പൂജ സാധിക്കുമെങ്കിൽ വേറെ യാതൊരു പൂജയും ചെയ്യേണ്ട സകല കർമ്മങ്ങളും ബ്രഹ്മയജ്ഞമായി മാറുന്നു ബ്രഹ്മാർപ്പണം ബ്രഹ്മർ ബ്രഹ്മാഗ്ഞ ബ്രഹ്മണാഹുതം ബ്രഹ്മയതേന ഗന്ദവ്യം ബ്രഹ്മകർമ്മ സമാധിനെ ചെയ്യുന്ന കർമ്മമെല്ലാം ബ്രഹ്മപൂജയാണെന്നു കൂടെ ഓർമ്മിക്കൂ എന്ത് എളുപ്പത്തിൽ ഭഗവാൻ വാസ്തവത്തെ ആയ ഈശ്വരനെ കണ്ടെത്താനുള്ള മാർഗമൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു നമ്മൾ ഗീതയും തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും ഇതൊന്നും ഉൾക്കൊള്ളാതെ ഗീത വായിച്ചതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല അത്രയെങ്കിലും ആവട്ടെ വേറെ ഒരു ദൂരത്തില്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഗീതാശ്ലോകങ്ങൾ ഒരു വിടുക അജാമുള്ള നാരായണനാമൻ ജയിച്ച് ഒരു വഴിത്തിരിവിൽ എത്തിയത് പോലെ എപ്പോഴെങ്കിലും ഒരു വഴിത്തിരിവ് നമുക്കും സാധ്യമായി എന്ന് വരാം അതുകൊണ്ട് ഒന്നും മോശമല്ല ഇതൊക്കെ പറയുന്നത് ഗ്രഹിക്കാൻ കഴിയും കൃഷ്ണനും അതാണല്ലോ ഇതൊക്കെ എന്തിനാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ഏഴാം അധ്യായത്തിൽ എത്ര ഇടത്ത് എത്ര ഇടത്തധം ആവർത്തിച്ച് പറഞ്ഞു ഞാനേ ഉള്ളൂ ജ്ഞാനം ആണ് ശ്രേഷ്ഠം അതൊക്കെ നമുക്ക് കുറേശെങ്കിലും നടപ്പാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം കുറച്ച് നടപ്പായാൽ ആ മനസ്സിൻ്റെ സമങ്ങല്ല ഒക്കെ വന്നാൽ കൃഷ്ണൻ പറയുന്നു അല്പം പോലും നിങ്ങളെ രക്ഷിക്കും ബാക്കി പിന്നീട് മതി ഭ്രമജന്മങ്ങൾ വരട്ടെ വഷ്ടമാവില്ല ഇത് ശാസ്ത്രമാവും കണ്ണാട് ചെയ്തെങ്കിലും ഈശ്വരനെ സിദ്ധനെ ഒഴിച്ച് നിന്നിട്ട് പോകുന്ന ആ ഒന്നും കാര്യമായിട്ടൊരു പ്രയോജനം ചെയ്യില്ല ഈ സത്യം ഉണ്ടെങ്കിൽ എവിടെയും പോകാം ആരെയും കാണാം അല്ലെങ്കിൽ ആർക്കും കാര്യമായ ഒരു പ്രയോജനവും ഉണ്ടാവില്ല ഇത് നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് ഗീത വായിക്കുക നാളെ രണ്ട് പദ്യമേ ഉള്ളൂ ആ രണ്ട് പദ്യം നാളെ എടുക്കും എത്രയും എട്ടൊമ്പത് ദിവസം പത്ത് ദിവസം ഇവിടെ ഈ ഗീതാചർച്ച നടന്നത് ഒരു ജഗതീശ്വരൻ്റെ അത്യത്ഭുതമായ ഒരു നിശ്ചയം അനുസരിച്ച് നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നാളെ നമ്മൾ അഞ്ചരയ്ക്ക് തുടങ്ങും നിലയിൽ പറഞ്ഞവരുടെ ഒന്നുകൂടും ഓർമ്മിച്ചോടുക അഞ്ചരയ്ക്ക് തുടങ്ങും ആറേക്കാൽ വരെ ഗീത ബാക്കി രണ്ട് ശ്ലോകമുണ്ട് അതെടുക്കും അറേ കാല മുതൽ പ്രസാദ വിതരണം തീരുന്നതുവരെ എന്നിട്ട് നമ്മൾ കഴിവുള്ളിടത്തോളം ദ്വന്ദ്മോഹ നിർമുക്തരായി അങ്ങനെ സന്തോഷത്തോടു കൂടി ഇവിടുന്ന് പിരിഞ്ഞു പോവും അതിനാൽ ജഗദീശ്വരൻ നമ്മൾ അനുഗ്രഹിക്കുമാറാറുണ്ട്